അപ്പോൾ ശമുവേൽ തൈലപാത്രമെടുത്ത് അവന്റെ തലയിലൊഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത് യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കലെ സെൽസഹിൽ ഹേലിന്റെ കല്ലറക്കരികെ വെച്ച് രണ്ടാളെ കാണു നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു നിന്റെ അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ട് എന്റെ മകനുവേണ്ടി ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും അവിടെ നിന്ന് നീ മുമ്പോട്ട് ചെന്ന് താബോരിലെ കരുവേലകത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ മൂന്ന് ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ മൂന്ന് അപ്പവും വേറൊരുത്തൻ ഒരു തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ മൂന്ന് പുരുഷന്മാർ ബഥേലിൽ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നതായി നിനക്ക് എതിർപ്പെടുപ്പെടും അവർ നിന്നോട് കുശലം ചോദിക്കും നിനക്ക് രണ്ടപ്പവും തരിവരും നീ അത് അവരുടെ കൈയിൽ നിന്ന് വാങ്ങിക്കൊള്ളേണ്ടതിന്റെ ശേഷം നീ ഫിലിസ്തീരുടെ പട്ടാളമുള്ള ദൈവഗിരിക്ക് എത്തി അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുമ്പിൽ വീണ തപ്പ് കുഴൽ കിന്നൽ എന്നിവയോടുകൂടെ പൂജാഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചകഗണത്തെ കാണു അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾമാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യും ദൈവം നിന്നോടു ഉണ്ട് എന്നാൽ നീ എനിക്കു മുമ്പേ ഗിൽഗാലിലേക്ക് പോകണു ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാകാൻ ഞാൻ നിന്റെ അടുക്കൽ വരും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടതെന്തെന്ന് പറഞ്ഞു തരുവോളം ദിവസം അവിടെ കാത്തിരിക്കണം ഇങ്ങനെ അവൻ ശമുവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു ആ അടയാളങ്ങളെല്ലാം അന്നു തന്നെ സംഭവിച്ചു അവർ അവിടെ ഗിരിയങ്കലെത്തിയപ്പോൾ ഒരു പ്രവാചക ഗണമിത അവനെതിരെ വരുന്നു ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു അവനെ മുമ്പെ അറിഞ്ഞവർ ഒക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ കീശന്റെ മകന് എന്തു സംഭവിച്ചു ശൌലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ തമ്മിൽ പറഞ്ഞു അതിന് അവിടത്തുകാരിൽ ഒരുത്തൻ ആരാകുന്നു അവരുടെ ഗുരുനാഥൻ എന്നു പറഞ്ഞു ആകെയായി ശൌലുമുണ്ടോ പ്രവാചകഗണത്തിൽ എന്നുള്ളത് പഴഞ്ചൊല്ലായി തീർന്നു അവൻ പ്രവചിച്ചു കഴിഞ്ഞ ശേഷം ഗിബയയിൽ എത്തി ഷൌലിന്റെ ഇളയപ്പൻ അവനോടും അവന്റെ കൃത്യനോടും നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു കഴുതകളെ തിരയുവാൻ പോയിരുന്നു അവയെ കാണായികയാൽ ഞങ്ങൾ ഷമുവേലിന്റെ അടുക്കൽ പോയി എന്നവൻ പറഞ്ഞു ഷമുവേൽ നിങ്ങളോട് പറഞ്ഞത് അറിയിക്കണമെന്ന് ഷൌലിന്റെ ഇളയപ്പൻ പറഞ്ഞു ൌൽ തന്റെ ഇളയപ്പനോട് കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് അവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചു എന്നു പറഞ്ഞു എങ്കിലും ഷമുവേൽ രാജത്വം സംബന്ധിച്ചു പറഞ്ഞത് അവനവനോട് അറിയിച്ചില്ല അനന്തരം ഷമുവേൽ ജനത്തെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ ഹോവാവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഇസ്രയേലിനെ മിശ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു മിസ്രൈമരുടെ കയ്യിൽ നിന്നും നിങ്ങളെ ഉപദ്രവിച്ച സകല രാജ്യക്കാരുടെയും കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു നിങ്ങളോ സകല അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തെ ഇന്നാണ് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു ആകെയപ്പോൾ ഗോത്രം ഗോത്രമായി സഹസ്രം സഹസ്രമായി യഹോവയുടെ സന്നദ്ധിയിൽ നിൽപ്പി അങ്ങനെ ശമുവേൽ ഇസ്രയേൽ ഗോത്രങ്ങളെയെല്ലാം അടുത്തുവരുമാറാക്കി ബെന്യാമിൻ ഗോത്രത്തിന് ചിട്ടുവീണുന്നു അവൻ ബെന്യാമിൻ ഗോത്രത്തെ കുടുംബം കുടുംബമായി അടുത്തുവരുമാറാക്കി മത്രി കുടുംബത്തിന് പിന്നെ കീശന്റെ മകനായ ശൌലിന് ചീട്ടുവീണു അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല അവർ പിന്നെയും യഹോവയോട് ആൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിന് യഹോവാ അവൻ സാമാനങ്ങളുടെ ഇടയിലേക്ക് ഒളിച്ചിരിക്കുന്നു എന്ന് അരുളിച്ചിരുന്നു അവർ ഓടിച്ചെന്ന് അവിടെ നിന്നവനെ കൊണ്ടുവന്നു ജനമധ്യെ നിന്നപ്പോൾ അവൻ ജനത്തിൽ എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു അപ്പോൾ ശമുവേൽ സർവ്വജനത്തോടും യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോവോ സർവ്വജനത്തിലും അവനെപ്പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞറിഞ്ഞു ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു അതിന്റെ ശേഷം ഷമുവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു അതൊരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നദ്ധിയിൽ വെച്ചു പിന്നെ ഷമുവേൽ ജനത്തെയെല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു ശൌലും ഗിബേയെയും തന്റെ വീട്ടിലേക്ക് പോയി ദൈവം തോന്നിച്ച ഒരു ആൾക്കൂട്ടവും അവനോടു പോയി എന്നാൽ ചില നീച്ചന്മാർ ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കുമെന്നു പറഞ്ഞ് അവനെ ധിക്കരിച്ചു അവന് കാഴ്ച കൊണ്ടുവരാതിരുന്നു അവനോ അത് ഗണ്യമാക്കിയില്ല